പിന്നീട് ഘട്ടത്തിൽ നിങ്ങൾ കേൾപ്പിക്കപ്പെട്ട ഈ ബാധ്യത അത് നിങ്ങൾ നിറവേറ്റുക ജനങ്ങൾക്ക് നിങ്ങൾ കാര്യങ്ങൾ എത്തിച്ചു കൊടുക്കുക അള്ളാഹു സുഭാനുഹൂവശാല ജനങ്ങളിൽ നിന്ന് നിങ്ങളെ സംരക്ഷിക്കുന്നതാണ് എന്ന ആയത്ത് അള്ളാഹു അവതരിപ്പിച്ചു അതോടുകൂടി പിന്നെ റിസൾ അള്ളാഹു അലി വസല്ലം അവിടുന്ന് വീട്ടിൽ നിന്ന് പുറത്തേക്ക് എത്തി നോക്കിക്കൊണ്ട് കാവൽ നിന്നിരുന്ന ആളുകളോട് പറഞ്ഞ് നിങ്ങൾ വീട്ടിലേക്ക് തിരിച്ചുപോയിക്കൊള്ളു അള്ളാഹു എനിക്ക് സംരക്ഷണം നൽകിയിട്ടുണ്ട് അങ്ങനെ റസൂൽ അള്ളാഹ് ഹിസ് വസല്ലം അവിടുന്ന് ആദ്യ കാലഘട്ടത്തിൽ മദീനയിൽ കാവൽ നിശ്ചയിച്ചിരുന്നു പിന്നീട് മദീനയിലെ കാവൽ അസുസ്വല്ലാ വല്ലം അവസാനിപ്പിച്ചിട്ടുണ്ട് ശരി ഇതാണ് മദീനയിലെ ആദ്യ കാലഘട്ടങ്ങളിലെ സംഭവങ്ങൾ മദീന കാലഘട്ടം ഇസ്ലാമിലെ മഹത്തരമായ ഒരു അടയാളം ഇസ്ലാമിലെ മഹത്തരമായ ഒരു പ്രവർത്തനം അതിന്റെ തുടക്കം കുറിച്ച നാടുകൂടിയാണ് ഏതാണ് ആ പ്രവർത്തനം അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ജിഹാനാണ് അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള യുദ്ധമാണ് ഇന്ന് സമൂഹത്തിലേറെ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട വാക്കുകളിൽ ഒന്നാണ് ജിഹാദ് എന്ന വാക്ക് അസുഖാഹിള്ളാഹു അലൈഹു വസ്ല്ലം അവിടുന്ന് നടത്തിയ ജിഹാദുകളുടെ ചരിത്രം മദീനയുടെ ചരിത്രത്തിന്റെ ഭാഗമാണ് അല്ല മദീനയുടെ ചരിത്രത്തിൽ നിറഞ്ഞു നിൽക്കുന്ന കാര്യങ്ങളിലൊന്നാണ് നബിസൊല്ലാഹു അലഹി വസ്ല്ലം നടത്തിയ യുദ്ധങ്ങൾ ധാരാളം യുദ്ധങ്ങളുടെ ചരിത്രങ്ങൾ മദീനയുടെ ചരിത്രം യുദ്ധങ്ങളുടെ ചരിത്രം തന്നെയാണ് അതിൽ ധാരാളം ഭാഗം യുദ്ധത്തിന്റെ ചരിത്രങ്ങൾ വിശദീകരിക്കേണ്ടതായി ഉണ്ട് എന്നാൽ ഇസ്ലാമിലുള്ള ജിഹാദ് എന്താണ് ഇസ്ലാമിന് പുറത്തുള്ളവരും തെറ്റിദ്ധരിച്ചിട്ടുണ്ട് ഇസ്ലാമിലുള്ള ചില ആളുകളും തെറ്റിദ്ധരിച്ചിട്ടുണ്ട് മുസ്ലിംകളിൽ ചിലർ ജിഹാദ് എന്താണ് എന്ന് തെറ്റിദ്ധരിക്കുന്നത് തന്നെ മുസ്ലിം ഇങ്ങളിൽ പെടാത്ത ആളുകളും ജിഹാദെ എന്താണ് എന്ന് തെറ്റിദ്ധരിക്കുന്നുണ്ട് മുസ്ലിം ഇങ്ങൾക്കുള്ളിൽ രണ്ട് വിഭാഗം ആളുകളുണ്ട് ഒരു വിഭാഗം ആളുകൾ പരാജകത്വവും ഒരു നിയമവും ഒരു നിർദ്ദേശവും പാലിക്കാതെ തോന്നിയതുപോലെ ആയുധമെടുത്ത് പുറത്തിറങ്ങുക ജിഹാദായി കാണുന്നുവെങ്കിൽ മറ്റൊരു വിഭാഗമാകട്ടെ ഇസ്ലാമിൽ ജിഹാദെ എന്ന് പറയുന്ന ആളുകളാണ് ഇസ്ലാമിൽ യുദ്ധമേ ഇല്ല എന്ന് ധരിപ്പിക്കുന്ന ആളുകളാണ് രണ്ടും തെറ്റാണ് ഇസ്ലാമിൽ യുദ്ധമുണ്ട് ഇസ്ലാമിൽ അതിന് കൃത്യമായ നിയമങ്ങളുണ്ട് നിർദ്ദേശങ്ങളുണ്ട് ചരിത്രത്തിൽ കഴിഞ്ഞുപോയ ഏത് മതങ്ങളും ഏത് ആദർശങ്ങളുമാണ് യുദ്ധമില്ലാത്തതായി ഉള്ളത് ഏത് ആദർശമാണ് യുദ്ധമില്ലാത്തതായി ഉള്ളത് എല്ലാ മതങ്ങളിലും യുദ്ധങ്ങളുടെ ചരിത്രങ്ങളുണ്ട് എത്രയോ ഗ്രന്ഥങ്ങൾ മതഗ്രന്ഥങ്ങൾ അവ തുടക്കം മുതൽ ഒടുക്കം വരെ യുദ്ധത്തെക്കുറിച്ചാണ് എത്രയോ ഗ്രന്ഥങ്ങൾ അവ യുദ്ധങ്ങളെക്കുറിച്ച് തന്നെയാണ് കാര്യമായി പറഞ്ഞിട്ടുള്ളത് എന്നാൽ ഇസ്ലാം യുദ്ധമെന്നത് അനീതിയുടെയും ഒന്നും തോന്നിയതുപോലെ ആരെയും കണ്ണിൽ കണ്ടവനെയെല്ലാം കൊന്നിരുന്ന ഒരു കാലഘട്ടത്തിൽ മുന്നിൽ കണ്ടതെല്ലാം നശിപ്പിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ യുദ്ധത്തെ കൃത്യമായി നിശ്ചയിക്കുകയും നിർണയിക്കുകയും അതിന് നിയമങ്ങൾ നിശ്ചയിക്കുകയും അതിന് കൃത്യമായ മാർഗനിർദ്ദേശം നൽകുകയും ചെയ്തതിനാമിൽ യുദ്ധവുമായി ബന്ധപ്പെട്ട അനേകം നിയമങ്ങളുണ്ട് അതിനു മുൻപ് ആ കാര്യങ്ങളിലേക്ക് ചിലതിലേക്ക് കടക്കുന്നതിന് മുൻപ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏറ്റവും തെറ്റിദ്ധരിക്കപ്പെട്ട വാക്കുകളിൽ ഒന്നാണ് ജിഹാദ് ജിഹാദ് എന്നാൽ അതിന്റെ അർത്ഥം വാക്കുകൊണ്ടും പ്രവർത്തനം കൊണ്ടും നന്നായി പരിശ്രമിക്കുക എന്നതാണ് അതാണ് അറബിയിൽ ആ വാക്കിൻ്റെ അർത്ഥം എന്നാൽ ഇസ്ലാമിൽ ജിഹാദ് എന്ന പദം മുഷുദ്ധ ഖുർആാനിലും ഹദീസിലും പൊതുവെ ഉദ്ദേശിക്കപ്പെട്ടിരിക്കുന്നത് മുഷ്രിഖുകളുമായി യുദ്ധം ചെയ്യുക എന്നർത്ഥത്തിലാണ് അവരുമായി യുദ്ധത്തിലേർപ്പെടുക എന്ന അർത്ഥത്തിലാണ് പൊതുവെ ഇസ്ലാമിൽ ജിഹാദ് എന്ന വാക്ക് ഉപയോഗിക്കാറുള്ളത് അല്ലാത്ത അർത്ഥത്തിലും ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട് ഖുർആൻ കൊണ്ടുള്ള ജിഹാദ് വിശുദ്ധ ഖുർആാനിൽ പരാമർശിക്കപ്പെട്ട ജിഹാദ് ആണ് ഖുർആാൻ കൊണ്ടുള്ള ജിഹാദ് എന്ന് പറഞ്ഞാൽ ഖുർആാൻ കൊണ്ടൊരാളുടെ തലക്കടിക്കലല്ല മറിച്ച് ഖുർആാനിലേക്ക് ആളുകളെ ക്ഷമിക്കലാണ് ഖുർആൻ കൊണ്ട് ആളുകളെ ഇസ്ലാമിലേക്ക് പ്രബോധനം നടത്തലാണ് അപ്പോൾ ജിഹാദ് എന്ന പദം പല നിലക്ക് പ്രയോഗിക്കപ്പെട്ടിട്ടുണ്ട് പക്ഷേ പൊതുവെ ഇസ്ലാമിൽ ജിഹാദ് എന്ന പദം ഉപയോഗിക്കപ്പെട്ടിട്ടുള്ളത് മുഷ്രിക്കുകളുമായുള്ള യുദ്ധം എന്ന അർത്ഥത്തിലാണ് ജിഹാദ് പല പദവികളാണ് അതിലൊന്നാമത്തെ ജിഹാദ് ഏറ്റവും മുന്നിൽ നിൽക്കേണ്ട ജിഹാദ് ജിഹാദ് ഉന്നസാൻ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ജിഹാദ് ജിഹാദ് ഉന്നസ്ത്തോടുള്ള ജിഹാദ് എന്താണ് സ്വന്തത്തോടുള്ള ജിഹാദ് സ്വന്തത്തെ തന്നെ കൊലപ്പെടുത്തലാണോ അല്ല സ്വന്തത്തോടുള്ള ജിഹാദ് എന്ന് പറഞ്ഞാൽ നാല് കാര്യങ്ങളാണ് ഒന്ന് സത്യം കണ്ടെത്താൻ വേണ്ടിയുള്ള നിലക്കാത്ത പരിശ്രമം അത് സ്വന്തത്തോടുള്ള ജിഹാദാണ് സത്യം എന്താണെന്ന് അറിയാനും അത് പഠിക്കാനും അത് മനസ്സിലാക്കാനും വേണ്ടിയുള്ള കടുത്ത പരിശ്രമം അതൊരു മുസ്ലിം മാത്രം ചെയ്യേണ്ടതല്ല മുസ്ലിം അല്ലാത്ത ആളുകളും ചെയ്യേണ്ടതാണ് ആ ജിഹാദ് മാത്രമുള്ള ജിഹാദല്ല അത് അല്ലാത്ത ആളുകളും ചെയ്യേണ്ട ജിഹാദാണ് സത്യം എന്തെന്ത് എന്താണ് എന്ന് കണ്ടെത്താൻ വേണ്ടിയുള്ള പരിശ്രമം ഇവിടെ ആയിരക്കണക്കിന് പ്രത്യയശാസ്ത്രങ്ങളുണ്ട് മതങ്ങളുണ്ട് വിശ്വാസങ്ങളുണ്ട് ആചാരങ്ങൾ അനുഷ്ഠാനങ്ങളുണ്ട് സത്യം ഏതാണ് ഇതിൽ എന്ന് കണ്ടെത്താൻ വേണ്ടിയുള്ള പരിശ്രമം ആ സത്യം കണ്ടെത്തി കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനും വേണ്ടി നടത്തേണ്ട പരിശ്രമം നമ്മൾ ഈ ചെയ്യുന്നത് ഈ പഠനം അത് ജിഹാദാണ് അത് പഠിക്കണമെങ്കിൽ ഇത് ഓർത്തു വെക്കണമെങ്കിൽ ഇത് മനസ്സിലാക്കി വെക്കണമെങ്കിൽ ഇത് പാഠം ഉൾക്കൊള്ളണമെങ്കിൽ അത് ജിഹാദാണ് അത് പരിശ്രമമാണ് കടുത്ത പരിശ്രമം തന്നെ അതിന് വേണ്ടതുണ്ട് രണ്ടാമത്തേത് ഈ പഠിച്ച സത്യം ഈ മനസ്സിലാക്കിയ സത്യം പ്രാവർത്തികമാക്കാൻ വേണ്ടിയുള്ള ജിഹാദാണ് അതും മുസ്ലിമികൾക്ക് മാത്രമുള്ള ജിഹാദല്ല മുസ്ലിം അല്ലാത്തവരും ചെയ്യേണ്ട ജിഹാദാണ് അത് സത്യം കണ്ടെത്തുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യണം അതിന് ജിഹാദ് വേണം പരിശ്രമം വേണം ഇല്ലാതെ നടക്കുകയില്ല അബ്ദം റഹിമ ഉള്ള ജിഹാദിന്റെ ഒന്നാമത്തെ ഇനങ്ങളിൽ എണ്ണീ കാര്യമാണ് ജിഹാദ സ്വന്തത്തോടുള്ള ജിഹാദ് മൂന്നാമത്തേത് ഈ പഠിച്ച് പ്രവർത്തിക്കുന്ന കാര്യം ജനങ്ങൾക്ക് എത്തിക്കാൻ പരിശ്രമിക്കണം ആളുകൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലണം എഴുതണം സംസാരിക്കണം പഠിപ്പിച്ചു കൊടുക്കണം വിയർക്കണം അതിൻ്റെ മാർഗത്തിൽ അത് ജിഹാദാണ് റസൂൾ ഉള്ള ഹവനം പതിമൂന്ന് കൊല്ലം ഹസ്വനം ആകെ ഇരുപത്തിമൂന്ന് കൊല്ലമാണ് നബിയായി ജീവിച്ചത് അതിൽ ബഹുഭൂരിപക്ഷം കൊല്ലവും പതിമൂന്ന് കൊല്ലം റസൂൾ ജിഹാദിലായിരുന്നു ആ ജിഹാദിൽ ഒരിക്കൽ പോലുള്ള വിസ്വലാഹു അലൈഹു വസലമയുടെ കൈകൊണ്ട് ഒരാളുടെ ശരീരത്തിൽ നിന്നൊരു തുള്ളി രക്തം ചിന്തിച്ചിട്ടില്ല അവിടുന്ന് ജിഹാദിലായിരുന്നു അതുപോലെ തന്നെ ആ മാർഗത്തിൽ പ്രയാസങ്ങൾ അനുഭവിക്കുമ്പോൾ ക്ഷമിക്കാനുള്ള ജിഹാദ് അത് ജിഹാദാണ് ഇത് ഒന്നാമത്തെ ഭാഗമാണ് ഈ ജിഹാദ് എല്ലാവരും ചെയ്യണം കൈകൊണ്ട് വാളു പൊക്കാൻ പറ്റാത്ത ആളും ജിഹാദ് ചെയ്യണം കാൽവരൽ അനക്കാൻ പറ്റാത്ത ആൾ ജിഹാദ് ചെയ്യണം കെട കിടക്കയിൽ കിടപ്പിലായ ഈ ജിഹാദ് ചെയ്യണം ഈ ജിഹാദ് എല്ലാവർക്കും ഉള്ള ജിഹാദ് ഈ ജിഹാദിൽ നിന്നും ഒഴിവല്ല ബുദ്ധിയുണ്ടോ അവനീ ജിഹാദ് ചെയ്യണം ബുദ്ധിയുണ്ടോ അവനീ ജിഹാദ് ചെയ്തിരിക്കണം ഏതാണ് ഈ ജിഹാദ് പഠിക്കുകയും പ്രവർത്തിക്കുകയും പ്രബോധനം ചെയ്യുകയും അതിന്റെ മാർഗത്തിൽ ക്ഷമിക്കുകയും ചെയ്യുക എന്ന ജിഹാദ് അവന് സാധിക്കുമ്പോൾ ചെയ്തിരിക്കണം അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിൽ മുസ്ലിമികൾക്ക് മാത്രല്ല അത് എല്ലാ മനുഷ്യന്മാർക്കുള്ള ജിഹാദാണ് രണ്ടാമത്തെ ജിഹാദ് പിഷാജിനോടുള്ള ജിഹാദാണ് ഷേപ്പാനിനോടുള്ള ജിഹാദാണ് നമ്മുടെ ഏറ്റവും വലിയ ശത്രു ഷേപ്പാനാണ് എങ്ങനെയാണ് ഷേപ്പാനോട് ജിഹാദ് ചെയ്യാൻ എന്തെങ്കിലും അവൻ നമ്മുടെ മുന്നിൽ വന്ന് വാടാ നമ്മളോട് എന്തും ചെയ്യാൻ വാ നമുക്കൊന്ന് അടിച്ചു നോക്കാം ആരാണ് ജയിക്കാന്ന് പറഞ്ഞിട്ടുണ്ടോ ഇല്ല അവനെ നമ്മൾ കാണാൻ പോകുന്നുണ്ടോ അള്ളാഹു പറഞ്ഞതുപോലെ അവനും അവന്റെ കൂട്ടാളികളും നിങ്ങളെ കാണുന്നുണ്ട് പക്ഷെ നിങ്ങൾക്ക് അവന് കാണാൻ പറ്റുന്നില്ല എങ്ങനെയാണ് അവനോടുള്ള ജിഹാദൽ റഹിമഅള്ളു പിഷാജിനോടുള്ള ജിഹാദ് രണ്ട് രൂപത്തിലാണ് ഒന്ന് പിഷാജ് നിന്റെ മനസ്സിൽ കൊണ്ടുവന്നിടുന്ന സംശയങ്ങളെ തകർക്കുക അല്ലെ മുന്നിൽ വന്ന് യുദ്ധം ചെയ്യുന്ന ഒരു മുഷിരിക്കിനേക്കാൾ ശക്തി ഉണ്ട് മനസ്സിൽ പിഷാജ് കൊണ്ടുപോയിടുന്ന സംശയങ്ങൾക്ക് നിന്റെ മുന്നിൽ വന്ന് നിന്ന് നിന്നെ നിന്നെ കൊന്നുകളയുന്ന മുഷിരിക്ക് അവന് ദുനിയാവിൽ നിന്ന് നിന്റെ ശരീരത്തെ കൊലപ്പെടുത്തുന്നുള്ളൂ എന്നാൽ പിശാജ് അവൻ നിന്റെ മനസ്സിൽ ഇട്ടു തരുന്ന സംശയങ്ങൾ അത് നിന്റെ ഇമാനിനെ തകർത്ത് കളയും നിന്റെ ഇസ്ലാമിനെ തകർത്ത് കളയും നിന്റെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കും നിന്റെ മുന്നിൽ വാളുകൊണ്ട് നിന്നെ കൊലപ്പെടുത്തുന്ന വ്യക്തി അവൻ നിന്നെ പറഞ്ഞേക്കുന്നത് സ്വർഗത്തിലേക്കാണ് അവന്റെ മുന്നിൽ നീ പരാജയപ്പെട്ട് തല തെറച്ച് താഴെ വീണു കഴിഞ്ഞാൽ രക്തം ചീറ്റി താഴെ വീണ് കഴിഞ്ഞാൽ നീ പോകുന്ന സ്വർഗത്തിലേക്കാണ് എന്നാൽ ഈ ഷെയ്ഫാന്റെ മുന്നിൽ നീ പരാജയപ്പെട്ട നീ പോകുന്ന നരകത്തിലേക്കാണ് ഇവിടെ നിനക്ക് ഒരിക്കലും പരാജയപ്പെടാൻ പറ്റൂല അവിടെ നീ ജയിച്ചു പിഷാദിനോടുള്ള ജിഹാദിലെ ഒന്നാമത്തെ വഴിയറ രണ്ടാമത്തെ ജിഹാദെന്റെ രണ്ടാമത്തെ ജിഹാദ് സുഭാൻ എത്ര കടുത്ത ജിഹാദാണത് ഹറാവുകളിലേക്ക് നിന്നെ മനസ്സിൽ നിന്നെ പ്രേരിപ്പിക്കുമ്പോൾ പിഷാജ് നിന്നെ കൊണ്ടുപോകുമ്പോൾ ആ സന്ദർഭത്തിൽ നീ കാണിക്കേണ്ട ജിഹാദാണ് അതിലേക്ക് പോകാതിരിക്കാനുള്ള ജിഹാദ് ഒരാൾ ഈ രണ്ട് ജിഹാദുകളിൽ വിജയിച്ചാൽ അവൻ സ്വർഗത്തിലാണ് ഈ രണ്ട് ജിഹാദ് എല്ലാ മുസ്ലിംകൾക്കും ഉണ്ട് പിഷാദിനോടുള്ള യുദ്ധം അതുപോലെ തന്നെ സ്വന്തത്തോടുള്ള യുദ്ധം ഈ രണ്ട് യുദ്ധങ്ങൾ ഇല്ലാത്ത മുസ്ലിം ഇല്ല എന്നാൽ ഇനി പറയുന്ന ജിഹാദ് അത് പലർക്കും ചിലപ്പോൾ ഉണ്ടായിക്കൊള്ളണമെന്നില്ല അങ്ങനെ ജിഹാ ഇനി പറയാൻ പോകുന്ന ജിഹാദ് ആ ജിഹാദ് നബിമാറിൽ പലരും ചെയ്തിട്ടില്ല അതേതാണ് മുഷരിക്കുകളുമായുള്ള യുദ്ധമാണ് നേരത്തെ പറഞ്ഞതുപോലെ വിശുദ്ധ ഖുർആാനും കാര്യമായി പരാമർശിക്കപ്പെട്ട ജിഹാദ് അത് പക്ഷേ ആ ജിഹാദ് ചില ആളുകൾ മനസ്സിലാക്കുന്നത് മറ്റൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ ദീനൊന്നും പഠിച്ചിട്ടില്ല ദീനൊന്നും പ്രവർത്തിക്കുന്നില്ല ദീൻ ഒന്നിലേക്കും ക്ഷണിക്കുന്നില്ല അതിന്റെ മാർഗത്തിൽ ക്ഷമിക്കാൻ തയ്യാറല്ല പിശാചിനോട് പോരാടാൻ തയ്യാറല്ല ഹറാമുകളുണ്ട് വൃത്തികേടുകളുണ്ട് പക്ഷേ അവൻ അവന്റെ താടി പഠിച്ച് ഇപ്പോൾ ലാപ്ടോപ്പിലൊരു സിനിമയും കണ്ട് ബെരിയാണിക്ക് വസ്ത്രവും ഇറക്കി ഇസ്ലാമിന്റെ വേഷവും ഇല്ലാതെ പുറത്തിറങ്ങിയിരിക്കുന്നത് എന്നിട്ട് മീറ്റിങ്ങിന് പോകുന്നത് എന്തിനാണ് ജിഹാദിനു വേണ്ടിയിട്ടാണ് അവൻ ഏത് ജിഹാദാണ് വിജയിക്കാൻ പോകുന്നത് അവൻ എന്നിട്ട് മെഴുകുതിരുവട്ടത്തിൽ ഇരുന്ന് പറയാൻ പോകുന്നത് എന്താണ് നമുക്ക് കാഫറിനെ കൊല്ലണം അവൻ അവന്റെ ഉള്ളിലുള്ള ഷെയപ്പാൻ ആദ്യം കൊന്നിട്ടില്ല അവൻ അവന്റെ ഉള്ളിലുള്ള ശത്രുവിനെ ആദ്യം പരാജയപ്പെടുത്തിയിട്ടില്ല അവനേത് യുദ്ധമാണ് ഇനി വിജയിക്കാൻ പോകുന്നത് ഇസ്ലാമിലെ ആദ്യത്തെ യുദ്ധം ഇതാണ് അപ്പോൾ ഈ യുദ്ധം അത് എല്ലാ മുസ്ലിമിനുമുള്ള യുദ്ധം അതിൽ നിന്ന് പിന്തിനിൽക്കാൻ ഒരാൾക്കും അന്വാദമല്ല എല്ലാവരുടെ മേലെ നിർബന്ധമാണ് എന്നാൽ മൂന്നാമത്തെ യുദ്ധം മുഷരിക്കുകളുമായി കാഷറുകളുമായി ഉള്ള യുദ്ധം അത് എത്രയോ നബിമാർ ചെയ്തിട്ടില്ല ചരിത്രത്തിൽ പറയപ്പെട്ടത് പോലെ നൂഹനബി അലൈ സലാം മുഹമ്മൂദ് നബിയും കൽപ്പിക്കപ്പെട്ടിട്ട് പോലും ഇല്ല അവരോട് ഈ ജിഹാദ് കൽപ്പിക്കപ്പെട്ടിട്ടേ ഇല്ല അവർക്കങ്ങനൊരു ജിഹാദേ ഇല്ല അഭിമാറിൽ ചിലർക്ക് അങ്ങനെ ജിഹാദ് ഉണ്ടായിട്ടുണ്ട് എന്നാൽ ഞാൻ ഈ പറഞ്ഞ രണ്ട് ജിഹാദും അത് എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ട് മുതൽ നിലനിൽക്കുന്ന ജിഹാദാണ് ഇത്രയും ഞാൻ പറഞ്ഞത് ഈ പറഞ്ഞ രണ്ടിനെയും നിസ്സാരവത്കരിക്കുന്ന ആളുകളിൽ പലർക്കുമാണ് പലപ്പോഴും മൂന്നാമത്തെ ജിഹാദിന് ആവേശം ചില സമയത്ത് അമിതമായി കൂടാറുള്ളത് അതേ ഇസ്ലാമിൽ ജിഹാദിന് വലിയ സ്ഥാനമുണ്ട് അള്ളാഹു സുഹാന ഖുർആനിൽ എത്രയോ സ്ഥലങ്ങളിൽ ജിഹാദിനെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് അള്ളാഹു പറഞ്ഞു അല്ലയോ നിങ്ങൾക്ക് ലാഭകരമായ വേദനാജനകമായ ശിക്ഷയിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്തുന്ന ഒരു കച്ചവടത്തെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ നല്ല ലാഭമുള്ള കച്ചവടമാണ് നഷ്ടം കച്ചവടമാണ് നരകത്തിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്തുന്ന കച്ചവടമാണ് എന്താണ് ആ കച്ചവടം അള്ളാഹു പറയുന്നു അതായത് ആ കച്ചവടം ഇതാണ് നിങ്ങൾ അള്ളാഹുവിൽ വിശ്വസിക്കുക നിങ്ങൾ റസൂലിൽ വിശ്വസിക്കുക അള്ളാഹുവിന്റെ മാർഗത്തിൽ നിങ്ങളുടെ സമ്പാദ്യവും നിങ്ങളുടെ ശരീരവും ഉപയോഗിച്ച് യുദ്ധം ചെയ്യുക ذلك خير لكم إن كنتم تعلمون من لأن الكريم من الأدان من الكتوم خيري طلب أعوى سعين بك الله الله سبحانه وتعالى يغفر لكم من ذنوبكم لأن الله تنمى لكم برثنا لكم ويدخلكم جنات تجري من تحت الأنهار كتابة لكم وركشة لكم وعندما يقولون أن الله سرقة تبقى لكم മാത്രമല്ല മനോഹരമായ വീടുകളിൽ അവൻ നിങ്ങളെ താമസിപ്പിക്കും വലിയ നേട്ടമാണ് വലിയ കച്ചവടമാണ് ഈ ജിഹാദ് അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ജിഹാദാണ് പക്ഷേ ആ ജിഹാദിനു മുൻപ് നാം വിജയിക്കേണ്ട ചില ജിഹാദുകളുണ്ട് അത് യാതൊരു നിലക്കും പരിഗണിക്കാതെ ഇഷ്ടിനോട് യുദ്ധം ചെയ്യണ്ടേ എന്ന് പറഞ്ഞിറങ്ങുന്നവർ അവർ അവരുടെ മനസ്സിലുള്ള ദേഹേഷയെ പൂർത്തീകരിക്കാൻ വേണ്ടി മാത്രമാണ് അറിഞ്ഞിട്ടുള്ളത് അപ്പം ഈ പിന്നെ തീവ്രവാദ പ്രസ്ഥാനങ്ങളിലേക്ക് ജിഹാദിന്റെ മാർഗത്തിലൊന്നും പറഞ്ഞ് ഇറങ്ങുന്ന ആളുകൾ അവരെ കുറിച്ച് നടത്തപ്പെട്ട ഒന്ന് കണ്ടെത്തിയത് ഇതിൽ മിക്ക ആളുകളും വയലൻസ് എന്നത് ഇഷ്ടപ്പെടുന്ന ആളുകളാണ് അവർ ചെറുപ്പപ്രായം മുതലേ കളിച്ചുകൊണ്ടിരിക്കുന്നത് മറ്റോനെ വെടിവെച്ച് കൊള്ളുന്ന ഗെയിമുകളാണ് കാണുന്ന സിനിമകൾ െങ്ങനെങ്കിലും ചെയ്യണം അപ്പോൾ അതിന് യോജിക്കാവുന്ന രൂപത്തിൽ അവന് അവന്റെ ദേഹേച്ഛയോട് യോജിക്കാവുന്ന രൂപത്തിൽ ചില ആളുകൾ അവരുടെ ജിഹാദ് ഉണ്ട് അവൻ ഇസ്ലാം വിജയിക്കുക എന്നല്ല അവന്റെ മനസ്സിന് കുറെ ആൾക്കാരെ കൊല്ലണം എന്നാൽ അതിന് യോജിച്ച രൂപത്തിൽ ഇതാ പറയുന്ന കുറച്ച് ആൾക്കാരുണ്ട് അവൻ ഖുർആാനാണോ പറയുന്നത് അവന് ഹരീസാണോ പറയുന്നത് അവൻ അള്ളാഹ്ലദീനാണോ പറയുന്നത് അവൻ ഇസ്ലാമിലുള്ള നിയമാണോ പറയുന്നത് അവൻ അറിയണ്ട ഇറങ്ങി പുറപ്പെടുന്നേ ഇതെല്ലാം ഇസ്ലാമിലെ ജിഹാദ്. ഇസ്ലാമിലെ മോനാമത്തെ ജിഹാദ് ശരിയമാണ്. അത് മുശ്രിക്കുകളുമായ, മുനാഫിക്കുകളുമായ, യഹൂദ അഹ്ലുൽ കിതാബുകളുമായുള്ള യുദ്ധമാണ്. ഇസ്ലാമിലെ മഹത്തരമായ പ്രവർത്തനങ്ങളിൽ ഒന്ന്. പക്ഷേ അതിന് നിയമങ്ങളുണ്ട്. അതിന് നിർദ്ദേശങ്ങളുണ്ട്. ല്ല ഒരാൾ പറയും എന്റെ കയ്യിൽ പൈസ ഒന്നുമില്ല. അഞ്ച് പൈസ എന്റെ കയ്യിലില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നിസ്കാരം കഴിഞ്ഞാ പറഞ്ഞു കാര്യില്ല സകാത്ത്. സകാത്ത് കൊടുക്കാതെ ഞാൻ എങ്ങനെ ജീവിക്കും? എന്ന് പറഞ്ഞ് അവനേതെങ്കിലും ആൾ വീട്ടിൽ പോയി പണം മോഷ്ടിച്ച് ജക്കാത്ത് കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും അവനെ സംബന്ധിച്ചിടത്തോളം അവന് ജക്കാത്ത് കൊടുക്കേണ്ടതില്ല അവന് പൈസ ഇല്ലാത്ത ആളാണ് പണമില്ലാത്തല്ല ജിഹാദ് ഇസ്ലാം കാര്യങ്ങളിൽ എണ്ണപ്പെടുക പോലും ചെയ്യാത്ത കാര്യമാണ് അല്ലെ എബിനുളംബർ അള്ളാഹുവിന്റെ അടിക്കൽ ഒരിക്കൽ ഒരാൾ വന്നിട്ട് ചോദിച്ചു നിങ്ങൾ ജിഹാദ് ചെയ്യുന്നില്ലേ എബിനുളംബർ പറഞ്ഞു റസൂൾ പറഞ്ഞിട്ടുണ്ട് ഇസ്ലാം പഠിച്ച് എത്തപ്പെട്ട അഞ്ച് കാര്യങ്ങളാണ് ജഹാദത്തിനിമ നിസ്കാരം നോമ്പ് നിസ്കാരം ഇതിന് ജിഹാദില്ല ശരി അതിൽ ജഖാത് എന്നത് ഒരാൾ പറയണം എന്തൊക്കെ പൈസ അല്ല ഞാൻ കട്ടിട്ട് പൈസ ഉണ്ടാക്കിട്ടെങ്ങനെ ജക്കാത്ത് കൊടുക്കട്ടെ എന്ന് ഒരാൾ പറഞ്ഞാൽ അയാൾ എത്ര പരിഹാസ്യനാണോ അതുപോലെ തന്നെയാണ് ജിഹാദ് എന്നത് അതിന് നിയമങ്ങളുമുണ്ട് അത് ചെയ്യേണ്ട സമയമുണ്ട് ചെയ്യാൻ പാടില്ലാത്ത സമയമുണ്ട് റസൂസ് അവിടുത്തെ ജീവിതത്തിൽ പതിമൂന്ന് കൊല്ലം വാളെടുത്ത് യുദ്ധം ചെയ്തിട്ടില്ല അല്ല നബിസ് അള്ളാഹി വല്ല ആദ്യമായി സ്ഥാപിച്ച അവിടുത്തെ രാജ്യം ഒരു തുള്ളി രക്തം ചിന്താതെ കീഴടക്കപ്പെട്ട മദീന എന്ന രാജ്യമാണ് ആ രാജ്യത്തിൽ ഒരു രക്തം പോലും ചിന്തിയിട്ടില്ല ചില ആളുകൾ പറയാറുണ്ട് ഇസ്ലാം വാളുകൊണ്ട് പ്രചരിച്ച മതമാണ് ഷെഫർ അസ്സാം അദ്ദേഹം പറഞ്ഞതായിക്കാണ് അതിന് അഫ്രാനികളുടെ പ്രചാരണമാണ് ഇസ്ലാം വാളുകൊണ്ടല്ലേ ഇസ്ലാം ഖുർആാൻ കൊണ്ടാണ് പ്രചരിച്ചത് അതെ ഇസ്ലാമിന് വാള് സഹായകമായിട്ടുണ്ട് പക്ഷേ ഇസ്ലാം പ്രചരിച്ചത് വാളുകൊണ്ടല്ല ഇസ്ലാമിനെ മുന്നിൽ നിർത്തിയത് അതിൻ്റെ സത്യമാണ് അതിന്റെ ആദർശമാണ് അതിന്റെ വിശ്വാസമാണ് അതിന്റെ നിലപാടുകളാണ് അതിന് ഏറ്റവും വലിയ തെളിവ് ഇസ്ലാമിൽ ആദ്യം കീഴടക്കം ഇസ്ലാമിന്റെ രാജ്യമായി ആദ്യം നിലകൊണ്ട രാജ്യം മദീന അവിടെ ഒരു തുള്ളി രക്തം ചിന്തപ്പെട്ടിട്ടില്ല ഒരു തുള്ളി രക്തം ചിന്തപ്പെട്ടിട്ടില്ല ചില ആളുകൾ ചോദിക്കുന്നതാണ് നിങ്ങൾ ഇതാവത്തെടുത്ത് ഇതാവത്തെടുത്ത് എത്ര കാലം കൊണ്ടുണ്ട് ഇസ്ലാം ഉണ്ടാക്കെ റസൂൽ അള്ളാഹി സ്വല്ലു അലിസ്വലമ ആദ്യത്തെ രാജ്യം ഇസ്ലാമിക രാജ്യം ആദ്യത്തെ രാജ്യം പൊടുത്തുയർത്തപ്പെടുന്നത് ഒരു തുള്ളി രക്തം ചിന്താതെയാണ് എന്നിട്ടും അഭിസാഹു അലൈഹി വസ്ല്ലം അവിടുന്ന് പറഞ്ഞത് മക്കയിൽ പുറപ്പെടുന്ന സമയത്ത് പറഞ്ഞത് മക്കയെ ചൂണ്ടിക്കൊണ്ട് റസൂ പറഞ്ഞത് നിന്റെ നാട്ടിൽ നിന്ന് ഈ നാട്ടിൽ നിന്ന് നിന്റെ നാട്ടുകാരനെ പുറത്താക്കിയില്ലായിരുന്നെങ്കിൽ ഞാൻ ഇവിടുന്ന് പോലുള്ളതാണ് മദീനയിൽ ഇസ്ലാമിൻ ജിഹാദ് എന്നത് മഹത്തരമായ പ്രവർത്തനമാണ് രണ്ട് കാര്യങ്ങൾ മാത്രം ഓർമ്മപ്പെടുത്തട്ടെ ഒന്ന് ജിഹാദിന് പാലിക്കപ്പെടേണ്ട പല നിബന്ധനകളും ഉദാഹരണത്തിന് ജിഹാദ് ചെയ്യണമെങ്കിൽ ശക്തി വേണം ഒരാൾക്ക് കഴിവുണ്ടായിരിക്കണം ശക്തി ഉണ്ടായിരിക്കണം ആയിരം ആൾക്കാരുടെ സ്ഥലത്ത് പത്ത് ആൾക്കാർ ഒരു സ്ഥലത്ത് ആ സമയത്തുള്ള ജിഹാദ് ഓടി രക്ഷപ്പെടുക ആ സമയത്ത് പറ്റുമെങ്കിൽ ഓടി രക്ഷപ്പെടുക എന്നുള്ളതാണ് കാരണം അല്ലേ ഇസ്ലാമിൽ അത് അംഗീകരിക്കപ്പെട്ട കാര്യമാണ് ഞാൻ തമാശയായി പറഞ്ഞ കാര്യമല്ല അത് അള്ളാഹു സുഹാനുഹു ശുദ്ധ ഖുറാൻ അവതരിപ്പിച്ച കാര്യങ്ങളിൽ ഒന്നാണ് അത് ജിഹാദിന്റെ നിയമങ്ങൾ എങ്ങനെയായിരുന്നു ഒരാൾ ഒരാൾക്കെതിരെ പത്ത് ആളുണ്ടെങ്കിൽ ജിഹാദിൽ ഉറച്ചു നിൽക്കണം പിൽക്കാലഘട്ടത്തിൽ നിയമം മാറ്റപ്പെട്ടു ഒരാൾക്കെതിരെ രണ്ടാളുണ്ടെങ്കിൽ അയാൾ യുദ്ധം ചെയ്താൽ അതായത് യുദ്ധത്തിൽ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കെ ഒരു മുസ്ലിമിന് രണ്ടാളുകൾ എന്ന നിലക്കാണ് ശത്രു സൈന്യം ഉള്ളത് എങ്കിൽ അവർക്ക് പിന്തിരിഞ്ഞോടാൻ പാടില്ല എന്നാൽ ഒരാൾക്കെതിരെ മൂന്നാൾ വന്നാലോ അവന് പിന്നിലോട്ടോടാം അനുവാദമുണ്ട് അതിന്റെ നിയമങ്ങൾ വിശദമായി വേറെ പറയേണ്ടതാണ് ഞാനതിന്റെ ചുരുക്കം മാത്രമാണ് പറഞ്ഞത് അപ്പോൾ ജിഹാദിന് ചില നിബന്ധനകളുണ്ട് അതിൽ പെട്ടതാണ് ശക്തി ഉണ്ടായിരിക്കണം ഒരു ഭരണാധികാരി ഉണ്ടായിരിക്കണം ഭരണാധികാരിയുടെ കീഴിലാണ് യുദ്ധം ചെയ്യേണ്ടത് അവ്യക്തമായ കൊടിക്കൂറകൾക്ക് കീഴിൽ യുദ്ധം ചെയ്യാൻ പാടില്ല ഇന്ന് ഇന്ന് യുദ്ധം എന്ന് പറഞ്ഞു പോകുന്ന ആൾക്കാർ ആരാണ് ഇവിടുത്തെ സൈനിക കമാൻഡർ ആരാണ് ഇവിടുത്തെ രാജാവ് ആരാണ് ഇവിടുത്തെ ഖലീഫ ആരാണ് ഇവിടുത്തെ ഭരണാധികാരി ഒന്നറിയില്ല ഏതോ ഒരുത്തൻ ഒരു രണ്ടു മൂന്ന് കൊല്ലം മുന്നേ ഞാനിതാ മുസ്ലിം നിങ്ങളെ ഹലീഫയാണ് എന്ന് പറഞ്ഞിറങ്ങി വന്നിരുന്നു അന്ന് പോയതാണ് അയാള് പിന്നെ അയാളെ കണ്ടിട്ടില്ല എന്നിട്ട് അതിലേക്കാണ് ആളുകൾ യുദ്ധമെന്ന് പറഞ്ഞിറങ്ങി പുറപ്പെടുന്നത് ആരെങ്കിലും അന്തമായ കൊടിക്കൂറുകൾക്ക് കീഴിൽ യുദ്ധം ചെയ്താൽ അവന്റെ മരണം അവന്റെ മരണം ജാഹലിയ മരണമാണ് ഇന്ന് ആരുടെ കീഴിൽ യുദ്ധം ചെയ്യാനാണ് പോകുന്നത് ആളുകൾ ഒരു ഭരണാധികാരി ഉണ്ടോ ഇല്ല ഇസ്ലാമിൽ നിബന്ധനകളിൽ ഒന്ന് ഭരണാധികാരി ഉണ്ടായിരിക്കണം കഴിഞ്ഞില്ല ഇസ്ലാമിൻ്റെ മാർഗത്തിൽ അങ്ങോട്ടു പോയുള്ള യുദ്ധങ്ങളാണെങ്കിൽ രക്ഷിതാക്കളുടെ അനുമതി വേണം രക്ഷിതാക്കളുടെ അനുമതി വേണം അത് നിബന്ധനയാണ് ജിഹാദിന് പുറപ്പെടാൻ അനുവാദം ലഭിക്കണമെങ്കിലുള്ള നിബന്ധനകളിൽ ഒന്നാണ് അങ്ങോട്ട് പോയി ചെയ്യുന്ന യുദ്ധങ്ങളാണെങ്കിൽ അതായത് ഒരാളെ നാട്ടിൽ മുസ്ലിികൾ ഇങ്ങോട്ട് ഒന്നും യുദ്ധം ചെയ്യല്ല അത്തരം സന്ദർഭത്തിൽ അല്ലെങ്കിൽ അങ്ങോട്ട് പോയി ചെയ്യുന്ന യുദ്ധമാണ് എങ്കിൽ അതിന് അനുവാദമില്ലാതെ മാതാപിതാക്കളുടെ അനുവാദമില്ലാതെ പോകാൻ പാടില്ല എത്ര വരെ അലിമാലു റഹീമഉുള്ള അദ്ദേഹത്തിന്റെ അടുക്കൽ ഒരിക്കൽ അതിനു മുൻപ് റസൂൾ ഉള്ളഹിസ്വലമിന്റെ അടുക്കലിലേക്ക് ഒരാൾ യമനിൽ നിന്ന് യുദ്ധം ചെയ്യാൻ വേണ്ടി വന്നു യമനിൽ നിന്ന് ദൂരപ്രദേശത്ത് നിന്ന് റസൂൾ യുദ്ധം റസൂളുള്ളയോടൊപ്പം യുദ്ധം ചെയ്യാൻ വേണ്ടി ഒരാൾ വന്നു ചിന്തിക്കണം റസൂളുള്ളയോടൊപ്പം യുദ്ധം ചെയ്യാൻ വേണ്ടി ഒരാൾ യമനിൽ നിന്ന് വന്നു ദൂരപ്രദേശത്ത് നിന്ന് റസൂൾ ചോദിച്ചു നിനക്ക് വീട്ടിൽ വാഫയും ഉമ്മയും ഉണ്ടോ അതെ വാഫയും ഉമ്മയും ഉണ്ട് അവരനുവദിച്ചിട്ടാണോ നീ വന്നത് ഇല്ല അവരനുവദിച്ചിട്ടില്ല നബിസല്ലാഹുഅഅലൈഹ് വസല്ലം അവിടുന്ന് അവനോട് പറഞ്ഞു നീ തിരിച്ചു പോവുക റസൂൾ പറഞ്ഞു നീ തിരിച്ചു പോവുക നീ അവരോട് സമ്മതം ചോദിക്കുക ഫഅ ഇൻ അദിനാ ലക ഫജാഹിം അവർ സമ്മതിച്ചാൽ നമുക്ക് യുദ്ധം ചെയ്യാം വ ഇല്ലാ ഫബറുഹുമാ ഇല്ലെങ്കിൽ നീ അവർക്ക് നന്മ ചെയ്ത് അവരെ ജീവിപ്പിക്കുക സുബ്ഹാനല്ലാഹ് ഇസ്ലാമിലെ നിയമമാണേ ജിഹാദിന്റെ നിയമമാണ് ജിഹാദിന്റെ നിബന്ധനകളിൽ ഒന്നാണ് മാദാബിലാഖ്ലാനോവദിക്ക് ഇല്ല പോരാ ഇമാം ഔസാഇ റഹിമഹുള്ള അദ്ദേഹത്തിന്റെ അടുക്കൽ ചിലരൾ വന്നു എന്നിട്ട് പറഞ്ഞു എന്റെ വാപ്പ എനിക്ക് യുദ്ധത്തിന് അനുമതി നൽകിയിട്ടുണ്ട് ഉമ്മ അനുമതി നൽകിയിട്ടില്ല ഞാൻ ജിഹാദ് ചെയ്യാൻ പോകണോ പോകണ്ടേ പോകാൻ പാടില്ലെന്നറി ഇതാണ് സെലഫുകളുടെ മാർഗം സഹാബികൾ പഠിപ്പിച്ച മാർഗം ഇതാ വാപ്പയും ഉമ്മയും നിനക്ക് ജിഹാദ് ചെയ്യാനുള്ള അനുമതി നൽകി നീ ജിഹാദ് ചെയ്യാനുള്ള സ്ഥലത്ത് എത്തി നീ അരിക്കാൻ ശരിയായ നീ പുറപ്പെട്ടു ഇസ്ലാമിൽ അനുവദിക്കപ്പെട്ട ജിഹാദ് സംഭവിച്ചു അങ്ങനെ സംഭവിച്ച സന്ദർഭത്തിൽ നീ വാപ്പി അനുവരുകയും ഇനി പോയി നീ അവിടെ എത്തിയതിന് ശേഷം നിന്റെ ഉപ്പയും പറയാൻ നീ തിരിച്ചു വരണം എന്ന് പറഞ്ഞു അല്ലെങ്കിൽ നിന്റെ ഉമ്മ പറയാൻ തിരിച്ചു വരണം എന്ന് പറഞ്ഞു തിരിച്ചു പോകണം ഖുദായറീമുള്ള അദ്ദേഹത്തിന്റെ അൽമോബം നീ വിശദീകരിച്ച കാര്യമാണ് നീ തിരിച്ചു പോകണം നിനക്ക് യുദ്ധത്തിൽ തുടരാനുള്ള അനുവാദമില്ല ഇതാണ് ഇസ്ലാമിന്റെ നിയമം എന്നാൽ ഇന്ന് സുഭാനുള്ള എത്രയോ മാതാപിതാക്കളെ കണ്ണീരിലായിട്ട് ഒരു വ്യക്തതയില്ലാത്ത ഒരു അർത്ഥവുമില്ലാത്ത ജിഹാദിന്റെ വഴികളിലേക്ക് എന്ന് പറഞ്ഞ ആളുകൾ പറഞ്ഞിട്ട് ആരെയാണ് കൊല്ലുന്നത് മുസ്ലിമിനെ തന്നെ ആരാണ് കൊല്ലപ്പെടുന്നത് മുസ്ലിം എന്നെ ഇതാണോ ജിഹാദ് ഇതിനും ഇതും ഇസ്ലാമുമായി യാതൊരു ബന്ധമില്ല കഴിഞ്ഞില്ല ജിഹാദിന്റെ നിബന്ധനകളിൽ പെട്ടതാണ് ജിഹാദ് ചെയ്യുന്നത് ആരുമായാണ് എന്ന വ്യക്തത ഉണ്ടായിരിക്കണം അവ്യക്തമായ സന്ദർഭങ്ങളിൽ ഫിദ്നയുടെ കാലഘട്ടങ്ങൾ ജിഹാദിനിറങ്ങാൻ പറയും പാടില്ല ഫിത്തനയുടെ കാലഘട്ടത്തിൽ സ്വാഭാവിക അരീതികളിലോ അതല്ലെങ്കിൽ ഇസ്ലാമിക നിയമങ്ങളിൽ പെട്ടതാണ് ആയുധങ്ങൾ വിൽക്കാൻ പോലും പാടില്ലാണെ നിന്റെ നിന്റെ കട നിന്റെ ബിസിനസ് അടുക്കളയിൽ തക്കാളി അരിയാൻ കത്തി വിൽക്കലാണ് എന്ന് എന്നാൽ നാട്ടിൽ കൊലപാതകങ്ങൾ ഉണ്ടാവുകയും ആളുകൾക്കിടയിൽ സംഘർഷാവസ്ഥ പൊട്ടിപ്പുറപ്പെടുകയും ചെയ്താൽ പിന്നെ നിനക്ക് കത്തി വിൽക്കാൻ പാടില്ല നീ സൂക്ഷിക്കണം കാരണം ആൾക്കാർ പിന്നെ തക്കാളി അറിയാനേ ഇരിക്കില്ല മനുഷ്യനെ അറിയാനേ ഇരിക്കും ചിലപ്പോൾ കത്തി ഉണ്ടെന്ന് നീ ശ്രദ്ധിക്കണം ഉൽക്കാൻ പാടില്ല സിജ്നയുടെ കാലഘട്ടത്തിൽ കത്തി വിൽക്കാൻ പാടില്ല സൂക്ഷിക്കണം എന്നാ ശ്രദ്ധിക്കണം എന്നാണ് ഇതാണ് ഇസ്ലാമിൻ്റെ നിയമം അപ്പോൾ അവ്യക്തമായ കാലഘട്ടങ്ങളിൽ ആരാണ് യുദ്ധം ചെയ്യുന്നത് ആരോടാണ് യുദ്ധം ചെയ്യുന്നത് ആരാണ് നേതാവ് ആരാണ് പിൻ പിന്തുണക്കുന്നത് ആരാണ് ഇതിന്റെ കൽപ്പന കൊടുത്തത് എന്നൊന്നും അദ്ധ്യക്തമായി നിൽക്കുന്ന കാലഘട്ടത്തിൽ യുദ്ധത്തിന് വേണ്ടി എന്ന് പറഞ്ഞ് പുറപ്പെടാം ഇസ്ലാം അനുമതി നൽകിയിട്ടില്ല ഇസ്ലാമിന്റെ നിബന്ധനകളിൽ ഇതുപോലെ അനേകം നിബന്ധനകൾ പറഞ്ഞ് എല്ലാ ഷർത്തുകളോടും വിശദീകരിക്കല്ല അതിൽ പ്രധാനപ്പെട്ട നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് ജനങ്ങൾ അറിയാതെ ചില കാര്യങ്ങൾ മാത്രം ഓർമ്മപ്പെടുത്തുക മാത്രം ശരി ഇനി എന്തിനാണ് ജിഹാദ് എന്തിനു എന്തുകൊണ്ടാണ് ജിഹാദ് ജിഹാദ് എന്നാൽ ചില ആളുകൾ ധരിക്കുന്നത് കാസർ ആയ എല്ലാ ആളുകളെയും കൊല്ലാൻ വേണ്ടിയിട്ടുള്ള യുദ്ധമാണ് ജിഹാദ് എന്നാണ് ഇസ്ലാമിലെ ജിഹാദ് ഒരിക്കലും ഒരാൾ കാസർ ആയി എന്നതുകൊണ്ട് അയാളെ കൊലപ്പെടുത്താനുള്ള യുദ്ധമല്ല ഒരാൾ കാസറായി എന്നതുകൊണ്ടല്ല ഇസ്ലാമിലെ യുദ്ധം നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത് കാസറുകളൊക്കെ തുടച്ചു എന്നതല്ല ഇസ്ലാമിലെ നിയമം അങ്ങനെ ആയിരുന്നെങ്കിൽ റസുൽ അഹ്അലൈ വസല്ല ഹരീതുകളിൽ വ്യക്തമായി വന്ന നിയമങ്ങളിൽ ഒന്നാണ് ജിഹാദിൽ യുദ്ധത്തിൽ സ്ത്രീകളെ കൊലപ്പെടുത്താൻ പാടില്ല സ്ത്രീ മുസ്ലിം ആവട്ടെ എന്തുകൊണ്ടാണ് അവരെ കൊലപ്പെടുത്താത്തത് സ്ത്രീകൾ പൊതുവെ യുദ്ധത്തിന് വരുന്ന ആളുകളല്ല അവരെ കൊല്ലാൻ പാടില്ല സ്ത്രീകളെ കൊല്ലാൻ പാടില്ല കുട്ടികളെ കൊല്ലാൻ പാടില്ല കഴിഞ്ഞില്ല നിർഷള്ള ഹരീദുകളിൽ കാണാൻ ിൽ ആരാധനാലയങ്ങളിൽ ആരാധനയുമായി ഉള്ളിൽ ഒതുങ്ങിക്കൂടിയിട്ടുള്ള ആളുകൾ അവരെ കൊല്ലാൻ പാടില്ല എന്തുകൊണ്ടാണ് അവരെ കൊല്ലാൻ പാടില്ലാത്തത് പുരോഹിതന്മാർ സന്യാസിമാർ അവൻ ആളുകളെ യുദ്ധത്തിൽ പ്രചരിപ്പിക്കുന്നുണ്ട് അവൻ അവന്റെ ആരാധനയായിട്ട് ആരാധനാലയത്തിൽ ഉള്ളിൽ ഒതുങ്ങിക്കൂടുന്ന ഒരു പുരോഹിതനാണെങ്കിൽ അവരെ കൊല്ലാൻ പാടില്ല കാരണം അവൻ അവന്റെ വിശ്വാസമായിട്ട് ഉള്ളിൽ ജീവിക്കാൻ അവനത് പുറത്തേക്ക് പ്രചരിപ്പിക്കുന്നില്ല ആൾക്കാരോട് പറഞ്ഞെടുക്കുന്നില്ല ഇസ്ലാമിനെതിരെ നിലകൊള്ളുന്നില്ല ഷഹർ സീമി റഹിമോള്ള അദ്ദേഹം അനേകം തെളിവുകൾ കൊണ്ട് സ്ഥാപിച്ച കാര്യങ്ങളൊന്നാണ് ഇസ്ലാമിലെ ജിഹാദ് ഒരിക്കലും കാസറിനെ കൊല്ലാന്നുള്ളതല്ല മറിച്ച് ഇസ്ലാമിലെ ജിഹാദിന്റെ ലക്ഷ്യങ്ങളിൽ ഒന്ന് അള്ളാഹുവിന്റെ തൗഹൈബ് സ്ഥാപിക്കുക എന്നതാണ് ജനങ്ങൾക്ക് അള്ളാഹുവിനെ മാത്രം ആരാധിക്കാൻ ഭയമില്ലാത്ത അവസ്ഥ ഉണ്ടാക്കുക ഷിർക്ക് ജനങ്ങളിലേക്ക് കടന്നു വരാതിരിക്കുക കാരണം ഷിർക്ക് എന്നത് മനുഷ്യന്റെ ബുദ്ധിയെ നശിപ്പിക്കും ബുദ്ധിയെ നശിപ്പിക്കില്ലേ കാണാത്ത കേൾക്കാത്ത മനുഷ്യന്മാരനെ ഉണ്ടാക്കി എന്നലവരെ കാക്കയും പൂച്ചയും നായയും കാഷ്ടിച്ച മണ്ണുകൊണ്ടുണ്ടാക്കിയ വിഗ്രഹത്തിന് മുന്നിൽ ആരാധിക്കാൻ മനുഷ്യരെ കൊണ്ടുപോയി മനുഷ്യരെ മൃഗങ്ങളെക്കാൾ അതപ്പതിപ്പിക്കുന്നവരാക്കുക എന്ന സമൂഹത്തിലുണ്ട് അത് ഏറ്റവും വലിയ അനീതിയാണ് മനുഷ്യനെ ഏറ്റവും വലിയ പൊട്ടനാക്കലാണ് ഏറ്റവും വലിയ വിഡ്ഢിയാക്കലാണ് അത് ഇസ്ലാം അംഗീകരിക്കുന്നില്ല അതുകൊണ്ട് ഷിർക്ക് ഒരു നാട്ടിൽ അത് വളരുക അതിന് വളർച്ചയും ഉണ്ടാവുകയാണ് അവർച്ചനവൻ്റെ ഉള്ളിൽ ആരാധിക്കുന്നുണ്ടെങ്കിൽ അത് ഇസ്ലാം അനുവദിക്കുന്നു ആ ഇസ്ലാമിന്റെ നാട്ടിൽ അവന് നഫറാനിയാണെങ്കിൽ അവന്റെ മതം കൊണ്ടടക്കാ യഹൂദനാണെങ്കിൽ യഹൂദന്റെ മതം കൊണ്ടടക്ക അവൻ്റെ ഉള്ളിൽ പക്ഷെ ഇത് പുറത്തേക്ക് കാണിച്ച് ഷിർക്കിലേക്ക് ജനങ്ങൾ ആകർഷിക്കപ്പെടുന്ന രൂപത്തിൽ അത് പുറത്തേക്ക് വരാൻ പാടില്ല അള്ളാഹുവിനുള്ള തോഷീതായിരിക്കണം പ്രകടമായി നിൽക്കുന്നത് അതാണ് വിജയിച്ച് നിൽക്കേണ്ടത് കാരണം അള്ളാഹുവിന് അവകാശപ്പെട്ട ഇല്ലാതെ ചാനൽ വിശദീകരിക്കേണ്ട കാര്യമാണ് അതോടൊപ്പം ഇസ്ലാം എല്ലാ നീതിയും കൽപ്പിക്കുന്നു അനീതി ഇസ്ലാം സമ്മതിക്കുന്നില്ല ഒന്ന് രണ്ട് ഉദാഹരണം മാത്രം പറഞ്ഞാൽ മതി ഏത് ധീനിലാണ് മദ്യം നിഷിദ്ധമാക്കപ്പെട്ടിട്ടുള്ളത് മദ്യമാകട്ടെ മനുഷ്യരെ നാശത്തിലേക്ക് നയിക്കുന്ന കാര്യമാണ് എന്നതിൽ ബുദ്ധിമുട്ടുള്ള ഒരാൾക്ക് സംശയം ഉണ്ടാവില്ല മദ്യം ഇസ്ലാം അത് ഇസ്ലാം അത് അനുവദിക്കുന്നില്ല പരസ്യമായി മദ്യപിക്ക ഇസ്ലാം പലിശ പാവപ്പെട്ടവനെ കൂടുതൽ പാവപ്പെട്ടവനാക്കുന്ന പണക്കാരന്റെ പണം കൂടുതൽ പണപ്പെട്ടി കൂടുതൽ വലുതാക്കുന്ന പലിശ എന്ന അന്യായം ഇസ്ലാം അനുവദിക്കുന്നില്ല ജനങ്ങളോട് അതിക്രമം ചെയ്യാൻ ഇസ്ലാം സമ്മതിക്കുന്നില്ല ജനങ്ങൾക്ക് നീതിപൂർവകമായ ജീവിതമുണ്ടായിരിക്കണം ഇസ്ലാം ആളുകൾക്ക് കൊലപാതകം നടത്താൻ അനുവാദം കൊടുക്കുന്നില്ല ഒരാളെ നീ കൊന്നാൽ പകരമായി നീ കൊല്ലപ്പെടും ഒരാളെ കൊലപ്പെടുത്തിയാൽ അതിന് പകരമായി അതിനുള്ള പ്രതിഫലം നീ കൊല്ലപ്പെടുക എന്നുള്ളതാണ് ഇസ്ലാം അന്യായമായി ജനങ്ങളെ കൊല്ലാൻ സമ്മതിക്കുന്നില്ല ഇന്ന് എന്ത് സംഭവിക്കുന്നത് ഇന്ന് കൊന്ന ആളുകൾക്ക് അല്ലെ ആളുകൾക്ക് അറിയാം ആളുകളുടെ നിയമങ്ങൾ സുഹാണുള്ള ഒരു ഫലിതമായി ആളുകൾ പറയാറുണ്ട് അല്ലെ ആരെങ്കിലൊരാൾ പിന്നെ ഒരുച്ഛനെ എങ്ങാനും വണ്ടി കൊണ്ട് ആക്സിഡന്റ് ആയിക്കഴിഞ്ഞാൽ അവനെ തട്ടി അവന് എന്തെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുവേണ്ടി വന്നു കഴിഞ്ഞാൽ പുറത്തിറങ്ങി അവനെ പിക്യാസുകൊണ്ട് തല്ലിക്കൊല്ല എന്നാൽ അവന് കുറച്ചും കൂടി രക്ഷപ്പെടും കാരണം ഒരാളെ കൊന്നാലുള്ള ശിക്ഷ വളരെ കുറവാണ് ഇതാണ് ആക്സിഡന്റ് ആയിട്ട് അപകടത്തിലായി ഇൻഷുറൻസ് ഇല്ലാതെ കുടുങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അഞ്ചെട്ട് കൊല്ലം ജയിലിൽ കിടക്കേണ്ടി വരും ഇന്ന കൊന്നു കഴിഞ്ഞാലോ രണ്ടു ദിവസം കൊണ്ട് ജാമ്യം കിട്ടും അത്രയധികം കൊലപാതകം ആൾക്കാർക്ക് ഒരു നിസ്സാരമായ കാര്യമായിരിക്കും ഓരോ ദിവസവും ആളുകൾ കൊലപാതകം വ്യത്യസ്ത രൂപത്തിലാക്കുകയാണ് എന്നിട്ട് അപൂർവങ്ങളിൽ അപൂർവം എന്ന് ഒരുത്തരും തോന്നിയാൽ മാത്രമേ ഒരു വധശിക്ഷ നടപ്പിലാക്കപ്പെടുന്നു എത്ര ആളുകളെയും കൊല്ലാം അഞ്ചാളെ കൊന്നാലും പത്ത് ആളെ കൊന്നാലും ഒരു പ്രശ്നമല്ല ഇത് ഇസ്ലാം അനുവദിക്കുന്നില്ല ജനങ്ങൾക്ക് സമാധാനം സ്വസ്ഥത വേണോ ഇല്ലെങ്കിൽ ഗുണ്ടാ സംഘങ്ങളെ ആൾക്കാരെ നമ്മുടെ നാട്ടിൽ അതുകൊണ്ട് ഇസ്ലാം ജിഹാദ് നിശ്ചയിച്ചത് ഭൂമിയിൽ നീതി പുലരാനാണ് സത്യം പുലരാനാണ് ഹക്ക് വിജയിക്കാനാണ് അതിനുവേണ്ടി മാത്രമാണ് അത് ഇസ്ലാമിനെ കുറിച്ച് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് വ്യക്തമായി ബോധ്യപ്പെടും ഈ പറഞ്ഞ ജിഹാദിന്റെ വിഷയത്തിൽ ഇസ്ലാമിനെ ആക്ഷേപിക്കുകയും ഇസ്ലാമിനെ കുറ്റം പറയുകയും ചെയ്യുന്ന പല ആളുകൾ അവരുടെ ചരിത്രം പരിശോധിക്കട്ടെ യുക്തിവാദികൾ നിരീശ്വരവാദം തങ്ങളുടെ എഴുതപ്പെട്ട പറയപ്പെട്ട പ്രഖ്യാപിത വിശ്വാസമായി കൊണ്ടുവന്ന കമ്മ്യൂണിസ്റ്റുകൾ കൊന്നൊടുക്കിയത് ചരിത്രത്തിൽ കൊന്നൊടുക്കിയതിന്റെ ഏതാണ്ട് കാൽഭാഗം വരും മൊത്തം മനുഷ്യ അറിയപ്പെട്ട കൊലപാതകങ്ങളുടെ കാൽഭാഗമോ അതിന്റെ അടുക്കലോ കമ്മ്യൂണിസ്റ്റുകാർ കുറച്ച് വർഷം കൊണ്ട് കൊന്നോടുക്കിട്ടുണ്ട് റഷ്യയിൽ മില്യൺ കണക്കിന് മനുഷ്യന്മാരെ എന്നിട്ട് അവരാണ് ഇസ്ലാമിലെ ജിഹാദിനെ പരിഹസിക്കുന്നത് അതുപോലെ എത്രയോ മതങ്ങൾ ആ മതങ്ങളിലെ ഗ്രന്ഥങ്ങൾ ക്ലാസിക്കുകളായി വാഴ്ത്തപ്പെടുന്ന ഗ്രന്ഥങ്ങൾ അത് ആദ്യത്തെ പേജ് മുതൽ അവസാനത്തെ പേജ് വരെ യുദ്ധം അതിലുള്ള തന്ത്രങ്ങളാണ് അല്ല പലപ്പോഴും കുതന്ത്രങ്ങൾ ചവറാസ് അതിന്റെ ആദ്യ ഭാഗം എത്രയോ മനുഷ്യന്മാരെ കുട്ടികളെ കൊന്നൊടുക്കി അതിൻ്റെ കഥകൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്നതാണ് യഹൂദന്മാരുടെ ചരിത്രം അങ്ങനെ തന്നെ നഫറാനികൾ കുരിശു യുദ്ധത്തിന്റെ പേരിൽ ചെയ്തു കൂട്ടിയ അതിക്രമങ്ങൾ ചരിത്രത്തിൽ ചുവന്ന മഷി കൊണ്ടല്ലാതെ എഴുതാൻ പറ്റില്ല അതിനു മാത്രം രക്തം വരേണ്ടതാണ് ആ കഥകൾ എങ്ങനെ ചരിത്രത്തിൽ കൊലപാതകങ്ങൾ കൊണ്ട് ചരിത്രം രചിച്ച ആളുകൾ ഇന്നും അന്യനാടുകളിൽ ജനങ്ങളെ ബോംബിട്ട് കൊലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾ അവർ പറയുന്നു ഇസ്ലാമല്ലെ ജിഹാദ് അങ്ങനെയാണ് ഇസ്ലാമല്ലെ ജിഹാദ് ഒരു മരം പെട്ടണമെങ്കിൽ നിയമം വ്യക്തമായിട്ടുണ്ട് സൈമി അറീമോ അദ്ദേഹം പറഞ്ഞതേക്കാളും യുദ്ധത്തിൽ അലറുക എന്നത് ഇസ്ലാമിക നിയമങ്ങളിൽ മക്രൂഹാണ് വെറുക്കപ്പെട്ടതാണ് യുദ്ധത്തിൻ്റെ ഇടയിൽ അലറുക എന്നുള്ളത് യുദ്ധം ചെയ്യുന്നതിനിടയിൽ ചില ആൾക്കാർ യുദ്ധം ചെയ്യുമ്പോൾ സൈമി അറഹിമോള്ള അദ്ദേഹം പറഞ്ഞതേക്കാണ് ജിഹാദിൽ ഇത്രയധികം പ്രതിഫലം നൽകപ്പെടാനുള്ള കാരണങ്ങളിൽ ഒന്ന് യുദ്ധം ചെയ്യുക എന്നത് മനുഷ്യന്റെ ദേഷ്യം പുറത്തേക്ക് വരുന്ന സമയാണ് ആ സമയത്ത് അള്ളാഹുവിൻ്റെ കൽപ്പന പാലിക്കണമെങ്കിൽ അതിൽ മാത്രം തക്കുവാണ് കാരണം കൺ മുന്നിൽ കണ്ടതെല്ലാം തകർക്കാനുള്ള ദേഷ്യത്തിലാണ് യുദ്ധം ചെയ്യുന്ന ആൾ പുറപ്പെടുക പക്ഷെ ആ സമയത്തും മനുഷ്യനെ ഇസ്ലാം നിയന്ത്രിക്കാൻ അലറാൻ പാടില്ല അലറികൊണ്ട് യുദ്ധം ചെയ്യാൻ പാടില്ല അത് മെഖ്റൂഹാണ് വെറുക്കപ്പെട്ട കാര്യമാണ് മുസ്ലിം എന്ന് ചോദിച്ചതല്ല പാടില്ല അന്യായമായ ചതികൾ അവരുടെ തന്ത്രങ്ങൾ മെനയാനും ചാരന്മാരെ വിടാനൊക്കെ അനുവാദം സുഹാന റസൂളെ ഏറ്റവും കൂടുതൽ ഉപദ്രവിച്ചു വരുത്തൽ ഒരിക്കലും നബ്സ് അള്ളാന്റെ സദസ്സിലേക്ക് കയറി വന്നപ്പോൾ അവൻ കയറി വന്ന് തിരിച്ചുപോയി അവനെ കൊലപ്പെടുത്താൻ റസൂളിലെ കൽപ്പന കൊടുത്തിട്ടുണ്ട് മക്കഭിനു ശേഷം അവൻ തിരിച്ചുപോയപ്പോ നബി പറഞ്ഞു നിൽക്കാരി അവൻ കൊന്നുകൂടെയിരുന്നു എന്റെ മുന്നിൽ നിൽക്കുമ്പോൾ സഹാദുകൾ ചോദിച്ചു റസൂലെ അവൻ കണ്ണോണ്ട് കാണിച്ചുകൂടെയിരുന്നു നബി അവരോട് സംസാരിച്ചുകൊണ്ടിരിക്കണം നബി ഒന്നും റസൂൾ പറഞ്ഞൊരു നബിക്ക് കണ്ണുകൊണ്ട് ചതിപ്രയോഗം നടത്തുക എന്നത് അനുവദിക്കപ്പെട്ടിട്ടില്ല കണ്ണുകൊണ്ട് കാണിക്കാനുള്ളത് ആൾക്കാർ സംസാരിക്കുമ്പോൾ ചെയ്യുന്ന കാര്യമാണ് അതും ഒരു നോക്കൂ നിങ്ങൾ നീതിയുടെ നന്മയുടെ എല്ലാ നിയമങ്ങളുടെ വിശ്വാസം കഴിച്ചാൽ ചരിത്രത്തിൽ അത് ഇനി വിശദീകരിക്കപ്പെടുന്ന കാര്യങ്ങളിലൊന്നാണ് സഹോദരങ്ങളെ അതുകൊണ്ട് ഈ ആമുഖം ഞാൻ പറഞ്ഞത് ഇനി മദീനയുടെ ചരിത്രത്തിൽ യുദ്ധങ്ങളുടെ ചരിത്രം നാം കേൾക്കാൻ പോവുകയാണ് ആ പറയുന്ന യുദ്ധങ്ങൾ പഠിക്കുന്ന സന്ദർഭത്തിൽ നമ്മുടെ മനസ്സിൽ ഈ ഒരു ചിന്ത വരേണ്ടതുണ്ട് ഇസ്ലാം അതിൽ യുദ്ധങ്ങൾക്ക് നിയമങ്ങളുണ്ട് നിശ്ചയിക്കപ്പെട്ട അതിർവരമ്പുകളുണ്ട് അത് ചെയ്യേണ്ട മാർഗങ്ങളുണ്ട് വഴികളുണ്ട് ഇന്ന് ആളുകൾ ചെയ്യുന്ന സൂയിസൈഡ് ബോംബിങ്ങും അതുപോലെ തന്നെ ചാവേർ ആക്രമണങ്ങളും ആളുകൾക്ക് മുന്നിൽ പോയി സാധാരണക്കാരായ മനുഷ്യന്മാർ പച്ചക്കറി വാങ്ങിക്കാൻ സാധനം വാങ്ങിക്കാൻ ആളുകൾക്കിടയിൽ നിന്ന് ബോംബ് സ്വന്തം ശരീരത്തിൽ കെട്ടിവെച്ച് പൊട്ടിത്തെറിക്കാന്നുള്ളതും ഇതൊന്നും ഇസ്ലാമുമായി യാതൊരു ബന്ധവുമുള്ള കാര്യമല്ല കൊണ്ടുവന്നതുമല്ല മുസ്ലിംങ്ങളിൽ നിന്നല്ല അത് തുടക്കം കുറിച്ചതും ഇത് ഇസ്ലാമുമായി ബന്ധമുള്ള കാര്യമേ അല്ല സാധാരണക്കാരായ കരാറും സമാധാനത്തിൽ ജീവിക്കുന്ന രാവിലെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ രാവിലെ കുട്ടിക്ക് എന്തെങ്കിലും സാനമായിരിക്കറങ്ങിയതായിരിക്കും അങ്ങനെ നാട്ടിലും പട്ടണത്തിൽ പൊട്ടിത്തെറിയുണ്ടായി ഈ ആണ് മരിക്കണം സാധാരണക്കാരായ മനുഷ്യന്മാർ ഇതിന് എവിടെയാണ് ഇസ്ലാമിൽ നയമുള്ളത് എങ്ങനെയാണ് എപ്പോഴാണ് റസൂൾ ഇങ്ങനെ ഒരാളെ കൊന്നത് ചരിത്രത്തിൽ എപ്പോഴെങ്കിലും അപ്പോൾ ഈ പറഞ്ഞ തോന്നിവാസങ്ങൾ അതും ജിഹാദുമായി യാതൊരു ബന്ധവുമില്ല ഈ പറഞ്ഞ അരാജകസവങ്ങളും ഇസ്ലാമിലെ ജിഹാദുമായി യാതൊരു ബന്ധവുമില്ല ഇസ്ലാമിലെ ജിഹാദ് കൃത്യമായ നിയമങ്ങൾ നിശ്ചയിക്കപ്പെട്ട് അതിന്റെ അടിസ്ഥാനത്തിൽ മാത്രം ചെയ്യേണ്ട നിയമമാണ് ആ നിയമം ആളുകൾ ഇന്ന് തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്നു എന്നത് സത്യമാണ് അത് അതിന്റെ ശരി ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടത് പിന്നെ സത്യത്തിൽ നിലകൊള്ളുന്ന ആളുകളുടെ മേൽ ആവശ്യമായിട്ടുള്ള കാര്യമാണ് അള്ളാഹു സുഹാനു വെച്ചാൽ കൂടുതൽ ദീനു മനസ്സിലാക്കാനും അത് പ്രാവർത്തികമാക്കാനും ജീവിതത്തിൽ കൊണ്ടുവരാനും അള്ളാഹുനം കൈവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ